സ്ത്രീക ദൈവത്തിന് ആധുനികരായ കർത്തൃശുശ്രൂഷകരെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ തുടങ്ങുവാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവദ്ര നാമത്തെ മഹത്വപ്പെടുത്തുന്നു നാനാദേശങ്ങളിൽ നിന്നായി അനേകമനേകം ആളുകൾ കടന്നു വന്നിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും കടന്നുവരും നമ്മുടെ ഈ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാത്രമല്ല കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കടന്നു വന്നിട്ടുണ്ട് ഇന്ന് ഈ കൺവെൻഷനിൽ ഇന്നേ തന്നെ സംബന്ധിക്കുവാനായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അനേകർ വന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് അനേകം ദൈവമക്കൾ കടന്നു വന്നിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ന് പ്രിയപ്പെട്ട മറീസാറും മറീസാറിന്റെ ഭാര്യ അമ്മാമ്മയും കടന്നു വന്നിട്ടുണ്ട് അനേകം ആളുകൾ വിവിധദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുകയാണ് അവരെല്ലാവരെയും ഇന്ന് വന്നിരിക്കുന്ന എപ്പേർപ്പെട്ടവരെയും കറുത്ത നാമത്തിൽ സ്വാഗതം അറിയിച്ചു കൊള്ളട്ടെ കൃത്തവായ യേശുക്രിസ്തുവിന്റെ ജയകരമായ സുവിശേഷത്തിന്റെ അത്ഭുത സ്വാധീനം നിങ്ങളെല്ലാവരെയും ഈ പന്തിലിന് കീഴിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി നാം അതുകൊണ്ടാണ് നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ സമാധാനമുണ്ടായിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ ചിന്താവിഷയം തന്നെ യേശു ക്രിസ്തു കുടുംബസമാധാനം നൽകുന്നവനെന്നുള്ളതാണ് കുടുംബസമാധാനം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മൾ അനേകരുടെ കുടുംബങ്ങളിൽ വാസ്തവമായി സ്വസ്ഥതയില്ല ഞെളിവിരിക്കൊള്ളുന്നു എരിവരിക്കൊള്ളുന്നു ഹൃദയം ഉരുകി ഉരുകി വലയുന്നു മനസ്സ് ഉഷ്ണിച്ച് വശായിരിക്കുന്നു അനേകരം വീർപ്പുമുട്ടി കഴിയുന്നു കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നാൽ സാക്ഷാത്തായ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കും ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ വ്യക്തികൾക്ക് സമാധാനം ലഭിക്കും വ്യക്തികൾക്ക് സമാധാനം ലഭിച്ച് അവർ കുടുംബങ്ങളിൽ അധിവസിക്കുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനം ലഭിക്കും അങ്ങനെയുള്ളതായ വ്യക്തികൾ ജീവിക്കുന്ന സമൂഹത്തിൽ സമാധാനമുണ്ടാകും അങ്ങനെയുള്ളതായ വ്യക്തിയിലുള്ളതായ സഭയിൽ സമാധാനമുണ്ടാകും രാഷ്ട്രത്തിൽ സമാധാനമുണ്ടാകും സമാധാനമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഒരു അഭിവാംശയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്ക് സമാധാനം വേണമെന്ന് കർത്താവായ യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോകുന്നതിന് മുൻപ് ക്രൂശിലേറുന്നതിന് മുൻപ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പതിനൊന്ന് പേരെ ചേർത്തിരുത്തി പറഞ്ഞ് പൊടിയടത്തെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടെന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ ഒടുവിലത്തെ പ്രസംഗം കർത്താവ് തുടങ്ങുന്ന യോഗന്നാഥ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാണ് ആ പ്രസംഗം കർത്താവ് ആരംഭിക്കുന്നത് പതിനാലാം അധ്യായത്തിൽ തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് ആ പ്രസംഗത്തിന്റെ ഉപസംഹാരവാക്യം യോഹന്നു ശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം പറഞ്ഞതാണ് കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച ജയാളിയായ യേശു ക്രിസ്തു തന്റെ പ്രിയമക്കളായി നമ്മോട് അരളി ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കഷ്ടമുണ്ട് ഇല്ല എന്നല്ല ഉണ്ട് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾക്ക് ധൈര്യപ്പെടാം കാരണം ലോകത്ത് ജയിച്ച ജയശാലിയായി യേശു നിങ്ങളോടുകൂടെ ഉണ്ട് ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി ഞാൻ ഭാവനയിലൊരു സംഭവം പറയട്ടെ മൂന്ന് ബാലന്മാര് തീക്കുഴിയിലേക്ക് എറിയപ്പെട്ടു ആ മൂന്ന് ബാലന്മാർ നമുക്കറിയാം പലർക്കും ശദ്രക്ക് മേശക്ക് അബേദിനകോ ബാബുലോണിയൻ ചക്രവർത്തിയായി ഭരണകാലത്താണ് ഈ മൂന്ന് ബാലന്മാർ യഹൂദ ബാലന്മാർ തീക്കുഴിയിലേക്ക് എറിയപ്പെട്ടത് അത് വേദപുസ്തകത്തിൽ ഒരു സത്യമാണ് വേദപുസ്തകത്തിൽ നടന്നതായ ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് ഈ മൂന്ന് ബാലന്മാർ അവർ രാജാവ് ഉയർത്തിയ വിഗ്രഹത്തെ നമസ്കരിക്കാൻ തയ്യാറായില്ല നെമുഖ് ദിനേശ്വർ രാജാവ് ഒരു വലിയ ബിംബത്തെ ഉയർത്തി ബാബിലോണിയായിൽ നാട്ടിയതായ ആ വിഗ്രഹത്തെ നമസ്കരിക്കാൻ രാജാവ് എല്ലാവരും ആവശ്യപ്പെട്ടു വാദ്യഘോഷം മുഴങ്ങുമ്പോൾ എല്ലാവരും ആ നമസ്കരിക്കണം എന്നായിരുന്നു കൽപ്പന എല്ലാവരും അതനുസരിച്ചു ബിംബത്ത് നമസ്കരിച്ചു പക്ഷേ ഈ മൂന്ന് ബാലന്മാർ വളരെ ന്യൂനപക്ഷം പേര് അവര് ബിംബത്തെ നമസ്കരിക്കാൻ തയ്യാറായില്ല അവരെങ്ങനെ തയ്യാറായില്ല എന്ന് കണ്ടപ്പോൾ അവരെ പിടിച്ചുകൊണ്ടുവന്ന് ചക്രവർത്തിയുടെ മുൻപിൽ നിർത്തി അവരെ രാജാവിനു മുമ്പിൽ നിർത്തിയപ്പോൾ രാജാവ് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ തീച്ചുളയിൽ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിംബത്തെ നമസ്കരിക്കണം ഇല്ലെന്നുവരികിൽ ഈ തീച്ചുളയിലേക്ക് നിങ്ങളെ ഇട്ട് നിങ്ങളോട് വെന്തുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അവർ രാജാവോണ്ട് പറയുന്നതായ ഒരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിന്റെ അവസാന ഭാഗം നെബുക്കുനസരെ ഈ കാര്യത്തിൽ ഉത്തരം പറവാനാവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്ന് അറിഞ്ഞാലും എന്ന ഉത്തരം പറഞ്ഞു രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല ഞങ്ങൾക്ക് എന്തുവന്നാലും ഞങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുകയില്ല എന്നായിരുന്നു ആ ചെറുപ്പക്കാർ പറഞ്ഞത് ഈ യുവാക്കന്മാരുടെ ഒരു സാക്ഷ്യം പിന്നീട് അവർ പറയുമെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് ധ്യാനിക്കുമെങ്കിൽ നമുക്ക് ചില വസ്തുതകൾ ഗ്രഹിക്കാൻ കഴിയും ഈ യുവാക്കന്മാർ മൂന്ന് പേരും അവരൊരു സാക്ഷ്യം പറഞ്ഞു എന്ന് വിചാരിക്കുക പിൽക്കാലത്ത് അവരാ തീക്കുഴിയിൽ നിന്ന് കരകേറിയതിനു ശേഷം സാക്ഷ്യം പറഞ്ഞൊന്ന് സങ്കല്പിക്കുക അവര് ഇങ്ങനെയായിരിക്കും പറയുക അങ്ങനെ ബൈബിളില്ല അതൊരു വെറും ഭാവന മാത്രമാണ് അവര് പറയുകയാണ് ഞങ്ങളെ തീച്ചുകളിരിടാൻ കൊണ്ടുപോയ രാജസേവകരെ കത്തിക്കരിഞ്ഞുപോയി അത്ര ശക്തമായിരുന്നു തീച്ചുകളുടെ ജ്വാലയുടെ ചൂടും അതിന്റെ കരുത്തും ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കുന്നതിന് ഒരു ഭയവും തോന്നിയില്ല കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ഒരു തെറ്റിന് ഞങ്ങളെ കിട്ടുകയില്ല എന്നുള്ള നിർബന്ധത്തോടുകൂടി ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ മനസ്സിന് ഇതെല്ലാം ഭയം ഉണ്ടായില്ല ടീച്ചുകളിലേക്ക് ഞങ്ങളെ ഞങ്ങളെ കെട്ടിയിരുന്ന കയറുകൾ പെട്ടെന്ന് കത്തിപ്പോയി ഞങ്ങളുടെ കൈയും കാലും കെട്ടിയിരുന്ന കയറുകൾ കത്തി ഞങ്ങൾക്കപ്പോൾ തീച്ചുളയിൽ കൂടി നടക്കാൻ പറ്റി അവിടെ കെട്ടപ്പെട്ട് കിടന്ന് കത്തിത്തീരും എന്നാണ് ഞങ്ങളെ തീച്ചുളയിലേക്ക് ഇട്ടവർ ധരിച്ചത് പക്ഷെ ഞങ്ങളെ തീച്ചുളയിലേക്കിട്ടവർ ധരിച്ചതിന് വിപരീതമായി അവരുണ്ടാക്കിയ ബന്ധനം ഞങ്ങളിൽ നിന്ന് കത്തിപ്പോയി ഞങ്ങൾ സുഖമായി തീച്ചുപിളിയിൽ കൂടി നടന്നു ഞങ്ങൾ ഓർത്തു എന്താണ് ഒരു പ്രത്യേക കുളിർമ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും കാര്യം ഏതോ ഒരാള് ഞങ്ങളുടെ കൂടെ നടക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം ആരാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുമില്ല അദ്ദേഹം ഞങ്ങളോടൊന്നും സംസാരിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് കുളിർമയായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് തന്നെ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു തീയുടെ ചൂട് ഞങ്ങൾ ഏശയില്ല തീയുടെ ജ്വാലയുടെ ശക്തി ഞങ്ങളെ സ്പർശിച്ചില്ല ഞങ്ങളെ തീയിൽ കൂടി നടന്നു ഞങ്ങൾ നടക്കുമ്പോഴെല്ലാം അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ കൂടെ നടന്ന് ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായ സന്തോഷം അനിർവചനീയമായിരുന്നു എന്തൊരാനന്ദം എന്തൊരു കൊളിർമ എന്തൊരു സന്തോഷം ഞങ്ങളുടെ ഉള്ളു നിറയെ സമാധാനമായിരുന്നു ഞങ്ങൾ ഓർത്തു ഞങ്ങളീ ജ്വാലയിലേക്ക് ടീച്ചുളയിലേക്ക് ഇട്ടത് നന്നായി ഈ മഹാസാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഒത്തല്ലോ അവര് പറയുകയാണ് രാജാവിന്റെ കൽപ്പനപ്രകാരം ഞങ്ങളെ ജ്വാലയിൽ നിന്ന് കയറുവാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ ജ്വാലയിൽ നിന്ന് കയറി ചെന്നു അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി ഞങ്ങളുടെ കൂടെ പിന്നെ കണ്ടില്ല സഹോദരങ്ങളെ ഈ അദൃശ്യ വ്യക്തി ആരാണെന്ന് അവർക്കറിയാം നമുക്കും അറിയാം അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ജീവനുള്ള ക്രിസ്തു തന്നെ അവരുടെ കൂടെ നടക്കുകയായിരുന്നു യേശുക്രിസ്തു കൂടെയുണ്ടെങ്കിൽ എത്ര എരിവരിക്കൊള്ളുന്ന പ്രശ്നങ്ങൾ നടുവിലാണെങ്കിലും ഒരു ശാന്തി നമ്മുടെ ഹൃദയത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വീട്ടിൽ കലഹമുണ്ടാക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ അത് ഏശുകയില്ല മക്കൾ ഒച്ചവയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവർ ടിവിയിലെ സിനിമ കണ്ട് മേളിക്കുകയോ ഉച്ചത്തിൽ പാട്ടുപാടുകയോ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് പ്രയാസമുണ്ടാവുകയില്ല ഭർത്താവും മദ്യപിച്ചു വന്ന് കോപിച്ച് ആക്രോശിക്കുകയും ഗർജിക്കുകയും അട്ടഹസിക്കുകയും ഒരുപക്ഷെ മർദ്ദിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അല്പം പോലും യേശുകയില്ല വേദനയേശുകയില്ല നമ്മുടെ മനസ്സിൽ ശാന്തതയായിരിക്കും കാരണം ഒരദൃശ്യകരം നമ്മെ തലോടുന്നതെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും ഒരത്ഭുതകരം നമ്മുടെ തലമേൽ വയ്ക്കുന്നതെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും മക്കൾ ബഹളം വയ്ക്കുകയും ഭാര്യ മർദ്ദിക്കുകയും മത്സരിക്കുകയും ഭർത്താവ് കോപിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുമ്പോഴും കുടുംബത്തിൽ കലഹവും ബഹളവും ഒച്ചപ്പാടും അലോസരവും അലവലാധീയുമായി വലയുമ്പോഴും നമ്മുടെ മനസ്സ് പ്രശാന്ത കാരണം ഈ അത്ഭുത സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ കുളിർമ കോരിയിട്ടുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം പകർന്നു തന്നുകൊണ്ടിരിക്കും ക്രിസ്തുവിന്റെ സാന്നിധ്യം ക്രിസ്തുവിന്റെ സാന്നിധ്യം തീയാണ് ഏത് കൊടിയ യാദനയുടെ തീയേക്കാളും ശക്തമായൊരു തീയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുക പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും വാടാതെ നിൽക്കുവാൻ ഒരേ ഒരു പോംവഴി യേശു നമ്മുടെ ഹൃദയത്തിൽ കത്തുന്നു ജീവിതത്തിൽ രോഗങ്ങളില്ലെന്നല്ല ഉണ്ട് രോഗങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലെന്നല്ല ഉണ്ട് പ്രശ്നങ്ങളുമുണ്ട് തടഭാരങ്ങളുണ്ട് വീർപ്പൂട്ടിക്കുന്നതായ പ്രതിസന്ധികളുണ്ട് നമ്മുടെ മുന്നിൽ വാതിലുകൾ അടഞ്ഞു കാണുന്നു മുന്നോട്ടൊരു ചൂട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല എല്ലാം എതിരായി കാണുന്നു സകലവും പ്രതികൂലമായി കാണുന്നു തുണയായിട്ട് നിൽക്കാൻ ആരുമില്ല തണലായി നിൽക്കാൻ ആരുമില്ല ഒരു നല്ല വക്ക് പറയാനാരുമില്ല എല്ലാവരും പരിഹസിക്കുകയും കൊച്ഛിക്കുകയും നമ്മെക്കുറിച്ച് കിംവദന്തികൾ പറഞ്ഞ് വരുത്തുകയും നമ്മെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ നിരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നീതാന്ത ശാന്തി നിൽക്കും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും ക്രിസ്തുവിന്റെ സാന്നിധ്യം ക്രിസ്തു എന്ന സ്വർഗീയ അഗ്നി പരിശുദ്ധാത്മാവിന്റെ ജ്യോതിസ് നമ്മുടെ ഉള്ളത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സാവധാനത്തിൽ മാറി മാറി പോകുവാനുള്ളതായ ഒരു ശാന്തി നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയം സ്വസ്ഥതയും സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കും നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചു നോക്കാം നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനത്തിൽ പറയും ഒരു സന്തുഷ്ട കുടുംബം അല്ലെങ്കിൽ കുടുംബസമാധാനമുള്ള ഒരു നല്ല വീട് എങ്ങനെയായിരിക്കുമെന്ന് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന നീ തിന്നും നീ ഭാഗ്യവാനാണ് കാരണം നിന്റെ കൈകളുടെ അധ്വാന അന്യൻ കൊണ്ടുപോകുകയില്ല അത് മദ്യശാപ്പിൽ പോവുകയില്ല അത് പരസ്ത്രീയുടെ വശത്തേക്ക് ചെല്ലുകയില്ല അത് അന്യനപഹരിക്കുകയില്ല അത് അന്യായമായി ചെലവഴിക്കപ്പെട്ട് പോവുകയില്ല നിന്റെ കൈകളുടെ അധ്വാന നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതകൾ പോലെയും ഇരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവാക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും യഹോവാ സിയോനിൽ നിന്ന് സ്വർഗീയ എരുസലേമിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ എരിച്ചിലേം എന്റെ നന്മയെ കാണും സ്വർഗീയ നന്മകളെയും സ്വർഗീയ ഐശ്വര്യത്തെയും നീ ആയിഷ്കാലത്ത് നീ കണ്ടുകൊണ്ടിരിക്കും നിന്റെ ആയിഷ്കാലമൊക്കെയും നീ അരൂസ്ലൈമിന്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും നീ നിന്റെ മക്കളെ കാണും മക്കളുടെ മക്കളെ കാണും അവരുടെ ഐശ്വര്യം കാണും അവരുടെ തികവ് കാണും അവരുടെ സമാധാനം കാണും അവരുടെ ജീവിതത്തിന്റെ ഉയർന്ന പടവുകളിലേക്ക് അവർ കയറിപ്പോകുന്നതിനീ കണ്ട് നീ ദൈവത്തെ സ്തുതിക്കും ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ കർത്താവായ കുടുംബസമാധാനം നൽകുന്നവൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഈ കൺവെൻഷൻ ആരംഭിക്കുകയാണ് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ഈ കൺവെൻഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും കടന്നുവരുമ്പോഴെല്ലാം നിങ്ങളീ കുടുംബസമാധാനം എന്താ എന്ന് കേട്ടറിവല്ല നിങ്ങൾ അനുഭവിച്ച് അറിയുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതമാകെ മാറും നിങ്ങളുടെ ഹൃദയമാകെ രൂപാന്തരപ്പെടും സ്വസ്ഥതയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതോ ഒരു അലൌകിക ശാന്തി കടന്നു വരുന്നത് നിങ്ങൾ അറിയും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരിൽ മാറ്റം കണ്ടുവെന്ന് വരികയില്ല പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു മാറ്റം കാണാൻ തുടങ്ങും ഒരു സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴെന്ന് രാത്രി മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ശുശ്രൂഷകളിൽ വിവിധ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഓരോ ആവശ്യവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കാണും നിങ്ങൾ അറിയും യേശു ക്രിസ്തു നിങ്ങൾ വന്ന് തൊട്ടു എന്ന് ക്രിസ്തുവിന്റെ കരം നിങ്ങളെ സ്പർശിച്ചുവെന്ന് ക്രിസ്തുവിന്റെ കര നിങ്ങളെ തഴുകി എന്ന് ക്രിസ്തുവിന്റെ കരം നിങ്ങളുടെ കണ്ണുനീരി തുടച്ചു എന്ന് ക്രിസ്തുവിന്റെ കരം നിങ്ങളുടെ രോഗത്തിന് ശാന്തി തന്നു എന്ന് രോഗികളായി കടന്നു വന്നിരിക്കുന്നിരിക്കുന്നവരില്ലേ മനസ്സ് നൊന്ന് കടന്നു വന്നിരിക്കുന്നവരില്ലേ ഹൃദയഭാരത്തോടെ വിതുമ്പിക്കൊണ്ട് ഉള്ള് തേങ്ങിക്കൊണ്ട് ഉള്ള് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരില്ലേ നാളെയെക്കുറിച്ച് ആകുലപ്പെട്ട് ഭീതിയോടിവരില്ലേ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്നോർത്ത് മനസ്സ് ഉഷ്ണിച്ചിരിക്കുന്നവരില്ലേ വിവിധ പ്രശ്നങ്ങളിൽ മനസ്സ് വലഞ്ഞുലഞ്ഞ് കഴിയുന്നവരില്ലേ സ്നേഹിതരെ നിങ്ങൾ ധരിക്കൂ യേശു ജീവിക്കുന്നുണ്ട് കർത്താവായി യേശു പ്രവർത്തിക്കുന്നുണ്ട് യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നേടത്ത് യേശുവിന്റെ അരികത്തേക്ക് വരികയാണ് യേശു നിങ്ങൾക്ക് ശാന്തി തരാൻ യേശു നിങ്ങൾക്ക് തണുപ്പ് തരാൻ യേശു നിങ്ങൾക്ക് കുളിർമ തരാൻ യേശു നിങ്ങൾക്ക് ആശ്വാസം തരാൻ ഇപ്പോൾ നിങ്ങളരികത്തേക്ക് വരികയാണ് യേശുവിന്റെ ആണിപ്പാടുള്ള തൃക്കരം നിങ്ങളുടെ നേരെയെ നീട്ടുകയാണ് നിങ്ങളുടെ മീരെയെ ഉയർത്തുകയാണ് ആ തൃക്കരത്തിൻ കീഴിലാണ് മകളെ നീ ഇരിക്കുന്നത് മകനേ നീ ഇരിക്കുന്നത് യേശുവിന്റെ ആണിപ്പാടുള്ള കരത്തിൻകീഴിലാണ് ആ തൃക്കരത്തിൽ നിന്ന് ആശ്വാസത്തിന്റെ അനുരണനങ്ങളിതിന്റെ ഹൃദയത്തിലേക്ക് പായിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിന്റെ സ്പർശം നിങ്ങളെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിന്റെ കുളിർമയേറിയ കരങ്ങൾ നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിന്റെ കര നിങ്ങളെ കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ മഹാഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് നിങ്ങൾക്കാരെയും ആരെയും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരാം എല്ലവരെയും നിങ്ങൾക്ക് ക്ഷണിക്കാം എല്ലാവരെയും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ആരെക്കുറിച്ചെല്ലാം സ്നേഹമുണ്ടോ ആരെക്കുറിച്ചെല്ലാം കരുതലുണ്ടോ ആർക്കെല്ലാം നന്മ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അവരെ എല്ലാം നിങ്ങൾക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരാം അവരെ നിങ്ങൾ കൊണ്ടുവന്ന് ക്രൂസിന്റെ ഈ ചുവട്ടടിയിലിരുത്ത് ക്രൂസിൽ നിന്ന് സമാധാന സന്ദേശം ഒഴുകുന്നു ക്രൂസിൽ നിന്ന് ആശ്വാസം പകരുന്നു ക്രൂസിൽ നിന്ന് സ്നേഹം ഒഴുകുന്നു ക്രൂസിൽ നിന്ന് ശാന്തി പകരുന്നു ക്രൂസിൽ നിന്ന് വിശുദ്ധി പകരുന്നു പ്രിയപ്പെട്ടവരെ ക്രൂസിൽ നിന്ന് കാരുണ്യം ഇതാ ഒഴുകുന്നു ക്രൂസിൽ നിന്ന് നിങ്ങളുടെ നേരെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിതാ ഒഴിയൊഴി വരുന്നു ക്രൂസ് നിങ്ങളെ സമീപിക്കുന്നു ക്രൂസിലെത്തി അഗോജ്വലമായ സ്നേഹത്തിന്റെ അത്ഭുതകരസ്പർശം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു ഭർത്താവ് യേശുക്രിസ്തന്റെ കുരിശ് നിങ്ങളെ തലോടുന്ന അത്ഭുതകരമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും നെറ്റിയിൽ വെക്കുന്നു നിങ്ങൾക്കിതനുഭവിക്കാം നിങ്ങൾക്ക് യേശുവിനെ ഇന്ന് രാത്രി രുചിച്ചറിയാം യേശുവിനരികിലേക്ക് വരികയാണ് നാം വായിക്കുന്ന എന്താണ് യഹോയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ദൈവത്തെ ഭയപ്പെടുവാൻ നാം തുടങ്ങുന്നു ദൈവമുണ്ട് എന്നറിയുന്നു ദൈവമുണ്ട് എന്ന അനുഭവിക്കുന്നു ദൈവമുണ്ട് എന്ന് പറയുന്നത് ചില വാക്കുകൾ അല്ലെങ്കിൽ ചില പോയിന്റുകൾ കുറിച്ചെടുത്ത് കാണാതെ പിടിച്ചല്ല എന്ന് അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇരിപ്പിൽ അതൊരു ചെറിയ കീറപ്പായിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സുന്ദരമായൊരു കുഷ്യന്റെ ഒരു കുഷ്യന്റെ മുകളിലായിക്കൊള്ളട്ടെ അതല്ല നിങ്ങളിരിക്കുന്നത് മറ്റേതെങ്കിലും സൌകര്യപ്രദമായ സ്ഥലത്തായിക്കൊള്ളട്ടെ അല്ല സൌകര്യമില്ലാത്ത സ്ഥലത്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയും കിടപ്പ് മുറിയും ഊണമുറിയും ഇല്ലാമായി ഒറ്റയ്ക്കൊരു മുറിയെ ഉള്ളുവന്നിരിക്കട്ടെ അവിടെ ഒരു മൂലയിലായാണ് നിങ്ങളിരിക്കുന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിരിക്കുന്നതെന്ന് സങ്കല്പിക്കൂ നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളിരിക്കുന്നിടത്തിരുന്ന് ഉള്ളു നൊന്തൊന്ന് കരയുമ്പോൾ കരച്ചിൽ കേട്ട അടുത്തു വരുന്നൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവ് വേറാരും പറഞ്ഞു തരും തെളിവല്ല നിങ്ങൾക്ക് തെളിവുകളില്ലേ ഇവിടെ ഇരിക്കും നിങ്ങൾക്ക് തെളിവുകളില്ലേ നിങ്ങൾക്ക് അനുഭവങ്ങളില്ലേ രോഗം മാറിയവരെ ക്രിസ്തുവിനെ കരസ്പർശത്താൽ രോഗം മാറിയവരോട് ഇരിക്കുന്നില്ലേ ക്രിസ്തുവിന്റെ തലവോടലേറ്റ് മദ്യവാൻ ആസക്തി വിട്ടു പോയവരെയോ പേരൂടെ ഇരിപ്പുണ്ട് നാളെയും അടുത്ത ദിവസങ്ങളിലുമായി സാക്ഷി നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അങ്ങനെയുള്ളവർ പറയുന്ന സാക്ഷികളെല്ലാം നിങ്ങൾക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ അത്ഭുത കരസ്പർശത്താൽ കോപം മാറിയവരോട് ഇരിക്കുന്നില്ലേ ഭാര്യയെ നിരന്തരം മർദ്ദിച്ചുകൊണ്ടിരുന്നവര് ഇന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷമായി പുഞ്ചിരിയോടെ ഈ പന്തലിലേക്ക് കടന്നു വന്നവരോട് ഇരിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ കുടുംബം കലക്കിയിരുന്ന മക്കൾ ഇന്ന് അപ്പന്റെയും അമ്മയുടെയും വാത്സലിന്റെ ഭാചങ്ങളായി അപ്പനും അമ്മയ്ക്കും ഉള്ളത്തിൽ കുളിർമ നൽകിക്കൊണ്ട് ജീവിക്കുന്നതെന്നും കാണുന്നില്ലേ എത്രയോ പേരുടെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കുന്നു ജീവിതം ഉഴപ്പിക്കളഞ്ഞവര് ബ്ലൂ ഫിലിമിന്റെ അടിവുകളായിരുന്നവര് ചീത്ത പടങ്ങൾ കണ്ട് രസിച്ചുകൊണ്ടിരുന്നവര് കൊഴുതാത്ത പുറത്തു പറയാൻ അറയ്ക്കുന്ന ജീവിതം നയിച്ചവര് ജീവിതം താറുമാറാക്കി കളഞ്ഞവര് അങ്ങനെയുള്ളവർക്ക് മാറ്റം വന്നത് അങ്ങനെയുള്ളവർ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ സ്വർഗീയ ശാന്തിയുടെ സമഹാ സന്തോഷ സന്തോഷ അനുഭവത്തിലേക്ക് കർത്താവായ യേശു ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ആടിമാടി അടുപ്പിക്കുകയാണ് ക്രിസ്തു നിങ്ങളെ ചേർത്തണയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടതിന്റെ വഴികൾ നടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലൊരു ഭാഗ്യവനായി കഴിയിണങ്ങർത്താവേയെന്ന് നിങ്ങൾക്ക് ദെയ്യത്തോടെ അപേക്ഷിക്കാം യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഏവനും ഭാഗ്യവാൻ അടുത്ത വാക്യം നിന്റെ കൈകളുടെ അധ്വാന നീ തിന്നും നിന്റെ കൈകൊണ്ട് നീ അധ്വാനിക്കുന്നു പക്ഷേ ഇന്ന് നീ അധ്വാനിക്കുന്നതെല്ലാം ചോർന്നു പോവുകയാണ് എവിടെയെല്ലാമാണ് ചോർന്നു പോകുന്നത് രൂപ കയ്യിൽ വരുന്നുണ്ട് പക്ഷേ കഷ്ടം ഒന്നും കൈയിൽ തങ്ങുന്നില്ല കൈക്ക് ചോർച്ചയുണ്ടോ ഇല്ല കയ്യിൽ ചോർച്ചയില്ല പേഴ്സിന് ചോർച്ചയില്ല മേശയ്ക്കോ അലമാരിക്കോ ചോർച്ചയില്ല പക്ഷേ കൈ ചോർന്നു പോവുകയാണ് കൈയിലിരിക്കുന്നില്ല കൈയിൽ തങ്ങുന്നില്ല നീ ഉണ്ടാക്കുന്നിന്റെ കൈവശ സ്വീകരിക്കുന്നില്ല നേടുന്നില്ലേ നീ കഷ്ടപ്പെടുന്നില്ലേ അധ്വാനിക്കുന്നില്ലേ നീ പ്രയാസപ്പെടുന്നില്ലേ നീ വിശ്രമില്ലാതെ പണിയെടുക്കുന്നില്ലേ എന്തുകൊണ്ട് കയ്യിലിരിക്കുന്നില്ല ദൈവത്തിന് വചനം പറയുന്നു നിന്റെ കയ്യിൽ നിന്ന് അവഹരിച്ചു കൊണ്ടുപോകുന്നൊരു ദുഷ്ടപ്പിശാജുണ്ട് ഒരു കൊള്ളക്കാരനുണ്ട് ഒരു കവർസക്കാരനുണ്ട് ഒരു ഭീകര ദുഷ്ടാത്മാവുണ്ട് ആ ഭീകരനായ വൈശാലികരെ നിതിൽ നിന്ന് മാറ്റി നിനക്ക് ശാന്തി തരാൻ ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് ശത്രുവിനെ മാറ്റി കഴിയുമ്പോൾ അപ്പോഴാണ് നിന്റെ കൈകളിൽ നിന്റെ കൈയിൽ കിട്ടുന്നത് തങ്ങുന്നത് നിന്റെ അധ്വാന നീ തിന്നും നിന്റെ കൈ ചോരുകൈയില്ല നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ കൈകളുടെ അധ്വാന നീ തിന്നും കൈകളി അധ്വാന ഫലം തിന്നും സ്നേഹിതരെ അത് നഷ്ടപ്പെട്ടു പോവുകയില്ല നിങ്ങളധ്വാനിക്കും നിങ്ങൾക്ക് തിന്നാൻ കിട്ടും നിങ്ങളദ്ധ്വാനിക്കും നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തലമുറ തലമുറയായി അനുഭവിക്കാനുള്ളത് നിങ്ങൾക്ക് നേടാൻ പറ്റും ഒന്നും അന്യൻ കൊണ്ടുപോവുകയില്ല ഒന്നും പരന്റെ കൈയിലെത്തുകയില്ല അന്യന്റെ കൈയ്യിലെത്തുകയില്ല കൊള്ളക്കാരൻ കവർച്ചക്കാരനായ ദുഷ്ടപ്പിശാജ് ഒന്നും റാഞ്ചിക്കൊണ്ടു പോവുകയില്ല സ്നേഹിതരെ ഞാൻ ഭയത്തോടെ പറയട്ടെ ഈ നനയെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതെല്ലാം ദുഷ്ടപ്പിശാജ് അനുഗ്രഹങ്ങൾ റാഞ്ചിക്കൊണ്ടു പോവുകയല്ലേ കവർന്നുകൊണ്ടു പോവുകയല്ലേ ഐശ്വര്യമുള്ള കുടുംബങ്ങൾ തകരുകയല്ലേ സമാധാനമുണ്ടായിരുന്ന കുടുംബങ്ങൾ നശിച്ച് നീറുകയല്ലേ ഭാരത്തോടെ വലയുകയല്ലേ കുടുംബസ്വസ്ഥത പോവുകയല്ലേ കാരണമെന്താണ് ഒരു ഭീകര ദുഷ്ടപ്പിശാജ് കുടുംബങ്ങളെ കലക്കി മറിക്കുകയാണ് എല്ലാം താറുമാറാക്കുകയാണ് സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് സ്വസ്ഥത കിട്ടാതെ അവരഴലുകയാണ് ാണ് അവരെ വലയുകയാണ് സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന മക്കളും സ്നേഹത്തിനുവേണ്ടി കൊതിക്കുന്ന ഭാര്യയും സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ഭർത്താവും കുടുംബത്തിലെന്നും എന്നും ഒരു വലിയ വേദനാകരമായ അന്തരീക്ഷം പുലർത്തുകയാണ് സ്നേഹിതരെ ഇതിന് പരിഹാരമില്ലേ ഉണ്ട് ജീവനുള്ള ക്രിസ്തു തീയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ സ്വർഗ്ഗത്തിലെ നിത്യനായേ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തീയായി എഴുന്നള്ളി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ശാന്തമാകും നിങ്ങളുടെ ജീവിതം സമാധാനമാകും മാത്രമല്ല നീഭാഗ്യവാന് നിനക്ക് നന്മ വരും ഇന്ദു വരെയും തിന്മയാണ് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങളിൽ മനസ്സൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴ് സാറേ എന്നും തിന്മയാണ് ഒരിക്കലും നല്ല കാലം ഉണ്ടായിട്ടില്ല എന്നും ദുരിതം തന്നെ എന്നും അധ്വാനം തന്നെ എന്നും കഷ്ടത തന്നെ എന്നാ കഷ്ടതക്കൊരു വിശ്രമം ഉണ്ടായിട്ടുള്ളത് എന്നും ദുരിതം തന്നെ എനിക്കൊരു നന്മ കാണാൻ ഒത്തട്ടില്ല കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പാട് എന്നും കണ്ണുനീര് എന്നും മനസ്സൊലയുന്ന അനുഭവങ്ങൾ സ്നേഹിതോട് പറയട്ടെ മകളെ നിന്നോട് പറയട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവനാമം വഹുത്തുപെടട്ടെ നിനക്ക് നന്മ വരും എന്ന് കർത്താവ് പറയുന്നു സ്തോത്രം നിന്റെ കുടുംബത്തിലേക്ക് നന്മ വരും നിന്റെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വരും നീ ഭാഗ്യവ നിനക്ക് നന്മ വരും അടുത്ത വാക്യം നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാണ് കാണുന്നത് കുടുംബത്തിൽ ഐശ്വര്യമാണ് ഭാര്യ നിന്റെ ഭാര്യ നിന്റെ കുടുംബത്തിലുള്ളത് ഒരു വലിയ നിറവാണ് വലിയ ഐശ്വര്യമാണ് സമാധാന സമൃദ്ധിയാണ് സന്തോഷ ആശ്വാസമാണ് നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ മുന്തിരിവള്ളി പടർന്നു വീടിന്റെ എല്ലാ മുറികളിലും നിറയുകയാണ് വീടിന്റെ പരിസരങ്ങളിൽ നിന്റെ ഭാര്യ നിറയുകയാണ് ആ ഭാര്യയുടെ ഓരോ ചലനത്തിലും ഓരോ സ്പർശത്തിലും ഐശ്വര്യം തികവേറി കരകവിഞ്ഞൊഴുകുകയാണ് കുടുംബം സമാധാന സമർത്ഥമായി തീരുകയാണ് ആശ്വാസത്തിന്റെ ചുവടുവെപ്പുകളാണ് വീടിലൂടെ എല്ലായിടത്തും കാണുന്നത് ദൈവത്തിന് സ്തോത്രം നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവ ഒലുവ തൈകൾ പോലെയും ഇരിക്കും ഫലപ്രദമായ മുന്തിരിവള്ളി പോരാ ഭാര്യ മുന്തിരിവള്ളിയാണ് മക്കളോ ഒലിവ് തൈകളാണ് ഹലോയ്യാ ദൈവത്തിന് സ്തോത്രം മക്കൾ ഒലിവ് തൈകളാണ് ഒലിവ് തൈകൾ നല്ല കിളുന്ത തൈകൾ ഇങ്ങനെ മുളച്ച് വളരുന്ന തൈകൾ ഒരു കേടുവില്ലാത്ത തൈകൾ എല്ലാം ഇങ്ങനെ മുളച്ച് നല്ല കുരുനിലകൾ ഇങ്ങനെ വിരിഞ്ഞ് മനോഹരമായി തളുത്ത് ഉല്ലസിച്ച് സുന്ദരമായി വളർന്നു വരുന്ന ഒലിവു തൈകൾ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു പോലെ ഇരിക്കും എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് വിരുന്ന് കഴിക്കുന്നു ഒരുമിച്ച് മേശ കഴിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് സന്തോഷിക്കുന്നു ഒരുമിച്ച് ഒരു വിരുന്നിന്റെ അനുഭവം ആനന്ദത്തിന്റെ അലയൊലി ദൈവത്തിന് സ്ത്രോത്രം ആനന്ദത്തിന്റെ വേലിയേറ്റം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബം ഐശ്വര്യമാകണ്ടേ അവിടെ ഐക്യമുണ്ട് അവിടെ സ്നേഹമുണ്ട് അവിടെ ഒരു മനസ്സുണ്ട് അവിടെ ഏകഹൃദയമുണ്ട് അവിടെ സന്തോഷത്തിന്റെ തികവുണ്ട് അവിടെ ആനന്ദത്തിന്റെ കവിച്ചലുണ്ട് ആ വീട് ഐശ്വര്യനികേതനമാണ് നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതുക പോലെയും ഇരിക്കും യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും സഹോദരങ്ങളെ ഈ അനുഗ്രഹത്തിന്റെ പദവിയിലേക്ക് കർത്താവായി യേശു ക്രിസ്തു നയിക്കുകയാണ് യേ തീയായി നമ്മോട് കൂടെ നടക്കണം എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ തീയായ ക്രിസ്തു നമ്മുടെ കൂടെയെ നടക്കണം ഒരു തീയും നമ്മെ തൊടാത്ത വിധത്തിൽ അതിലും വലിയ തീയായ ക്രിസ്തു നമ്മുടെ കൂടെ നടക്കണം ഇന്ന് പല തീയും നമ്മെ പൊള്ളിക്കുന്നുണ്ട് ഇന്ന് പല പല തീകളും നമ്മെ അങ്ങ് വാട്ടുന്നുണ്ട് നമ്മെ അങ്ങ് വാട്ടിക്കളയുന്നുണ്ട് നമ്മെ അങ്ങ് കരിച്ചു കളയുന്നുണ്ട് പലതും നമ്മെ വിഷമിപ്പിക്കുന്നുണ്ട് നാം വാടിപ്പോകുന്നുണ്ട് പല തീകൾ ദുരിതത്തിന്റെ തീകൾ ഞാൻ വർണ്ണിക്കേണ്ടല്ലോ പ്രിയപ്പെട്ടവരെ എന്നും ദുരിതമല്ലേ എന്നും യാതനയല്ലേ എന്നും വേദനയല്ലേ ഈ തീ നിറഞ്ഞ ജീവിതത്തിൽ അതിലെങ്കവിഞ്ഞൊരു തീയായി ക്രിസ്തു നമ്മുടെ കൂടെ നടക്കണം ഈ കുഴിയിലെ ബാലന്മാരുടെ കൂടെ നടന്ന ജീവനുള്ള ക്രിസ്തു നമ്മുടെ കൂടെ നടക്കണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ യേശു നമ്മുടെ കിടക്കയിലുണ്ടായിരിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശു നമ്മോട് ചേർന്നുണ്ടായിരിക്കണം നാം യേശുവിന്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കണം പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിൽ നാം നടന്നു വിടങ്ങുമ്പോൾ യേശുവിന്റെ കൂടെ നടക്കണം പ്രഭാത നമസ്കാരത്തിന് സമയത്ത് മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് മുട്ടുകൂത്തുമ്പോൾ മാത്രമല്ല എപ്പോഴും ക്രിസ്തമ്മോടുകൂടെ ഉണ്ടായിരിക്കണം ജോലിസ്ഥലത്തേക്ക് നാം പോകുമ്പോൾ പറമ്പിലെ പണിയാണെങ്കിലും ഓഫീസിലെ ജോലിയാണെങ്കിലും എന്ത് എന്ത് ജോലിയാണെങ്കിലും വിവിധ രംഗങ്ങളിലേക്ക് നാം പോകുമ്പോൾ അവിടെയെല്ലാം ഈ തീയായ ക്രിസ്തമ്മോടുകൂടെ ഉണ്ടായിരിക്കണം ശത്രു നമ്മെ തൊടുകയില്ല പൈശാചികം നമ്മെ സ്പർശിക്കുകയില്ല പാപത്തിന്റെ യാതൊരു വേരോട്ടങ്ങൾ നമ്മുടെ തൊടുകയില്ല പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞു നിൽക്കും സമാധാനം കവിഞ്ഞു നിൽക്കും സന്തോഷം അലതല്ലി നിൽക്കും നാം അനുഗ്രഹ അനുഗ്രഹീത അനുഭവത്തിലേക്ക് വരും സമാധാന സമൃദ്ധിയുടെ ഹൃദയത്തിൽ നിറഞ്ഞുവരും നാം അനുഗ്രഹീതരായിത്തീരും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും കുടുംബ സൌഭാഗ്യം തരുന്നവൻ കുടുംബസമാധാനം തരുന്നവൻ കർത്താവായ കുടുംബസമാധാനം നൽകുന്നവൻ ഇന്ന് രാത്രി ആരംഭം കുറിക്കുകയാണ് ഈ ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തീയാകുന്ന ക്രിസ്തു നമ്മോടുകൂടെ ഇപ്പോൾ എഴുന്നള്ളി നിങ്ങൾ ഓരോരുത്തിരിക്കും നേടത്തേക്ക് തീയായ ക്രിസ്തു കടന്നു നിങ്ങളെ ചൂടുപിടിപ്പിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ ചൂടുപിടിക്കട്ടെ അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അന്ന് ശിഷ്യന്മാർ പറഞ്ഞു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം യം കത്തും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ കത്തട്ടെ യേശു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ് യേശു നിങ്ങളെ തൊടുകയാണ് യേശു നിങ്ങളെ തലോടുകയാണ് യേശു നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം പകരുകയാണ് നിങ്ങളുടെ നെടുവീർപ്പുകളെ സ്വേറ്റ് വാങ്ങുകയാണ് നിങ്ങളുടെ കണ്ണുനീരേച്ച് തുടയ്ക്കുകയാണ് അവൻ നിങ്ങൾക്ക് സമാധാനം തരികയാണ് നിങ്ങളുടെ മക്കൾ ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ ചേർന്നുള്ള ഒലിവുതയെ പോലെ ഇരിക്കത്തക്കവണ്ണം അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുവരെയും കുഞ്ഞിക്കാലും സാധിക്കാത്തവർക്ക് ഓമനക്കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള സൗഭാഗ്യം കർത്താവ് തരികയാണ് പ്രിയരെ ഇതുവരെയും ഒരു ഓമനക്കുഞ്ഞിനെ പോറ്റാൻ കഴിഞ്ഞില്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി എന്റെ കർത്താവെ സാധിക്കാതെ നിരാശയിലാണെന്ന് പറഞ്ഞിരിക്കുന്ന മാന്യ സഹോദരി നിന്റെ ജീവിതത്തിൽ ആശ്വാസത്തിന് നല്ല കാലങ്ങൾ തരാൻ യേശുക്രി കടന്നു വന്നിരിക്കുകയാണ് യേശുവിന്റെ ആ ജീവചൈതന്യമുള്ള വാക്കുകൾ നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വധന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തിൽ ും നിങ്ങളുടെ മാംസത്തിലേക്കും നിങ്ങളുടെ മജ്ജയിലേക്കും നിങ്ങളുടെ കോശങ്ങളിലേക്കും കടന്നു വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ് യേശുക്രിസ്തു കുടുംബസമാധാനം നൽകുന്നവനാണ് സമാധാനത്തിന് രാജാതിരാതി എഴുന്നള്ളി വന്നിരിക്കുന്നു അവന് എതിരേൽക്കു എതിരേൽക്കുവാൻ അവന് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവീൻ അവനോട് ഉള്ളു തുറന്നു പറയുവാൻ യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക ഹലോയ സ്തോത്രം ദൈവത്തിന്റെ നാമം എന്നു എന്നേക്കും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ